നീ എത്ര മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം നിങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ചെല്ലു കുറഞ്ഞു എന്നെ ഇങ്ങനെയുള്ള ഇരിപ്പിനൊന്നും കിട്ടുകയല്ല അതുകൊണ്ട് നീ പോയ ചുവാ ഞാൻ അവിടെ കൊണ്ടാ വിടാം അങ്ങനെ ഇവർ കുറച്ച് പേര് വന്നിരിക്കുന്നത് മനുഷ്യ നിങ്ങൾക്ക് വലിയ താല്പര്യമാണ് അവിടെ പോയിരിക്കണമെങ്കിൽ പോയിരുന്നു ഞാൻ കൊണ്ട വിടാം എനിക്കിവിടെ വേറെ പണിയും കാര്യമൊക്കെ ഉണ്ട് ഉത്തരവാദിത്വം ഇല്ലാത്തവർക്ക് പറ്റിയ പണിയായതൊക്കെ ശരിയല്ല ആ സ്വാമിക്കാണെങ്കിൽ യാതൊരു ഉത്തരവാദിത്വമില്ല യാതൊരു പണിയില്ല അയാൾക്കൊക്കെ ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പണിയുള്ളവർക്ക് ഇതുപോലും കേൾക്കാൻ പറ്റുമോ ശരിയല്ല ഇങ്ങനെ ഒന്ന് മസ്സിൽ പിടിച്ചൊരിപ്പുണ്ട് പിന്നെ ആകെ ഒരു ആശ്വാസം കിട്ടുന്നത് ഇതിനിടയിലുള്ള ഇന്റർവലികളിൽ പരസ്പരം കണ്ട് ആ തളച്ചിട്ട വാസനയൊന്ന് പൊട്ടിമുളച്ച് പരസ്പരം പ്രിയം സ്നേഹം ചായ കൈകാര്യം ചെയ്യുമ്പോഴുള്ള ഒരാന്തോളനം അതിനിടയിലുള്ളൊരു ബോഡി ലാംഗ്വേജ് അതിനിടയിലൂടെയുള്ളൊരു സ്നേഹപ്രകടനം പിന്നെ ഇനി അടുത്ത തവണ എവിടെയാണ് കാണുന്നത് എന്നുള്ള മുൻകൂട്ടിയുള്ള നിശ്ചയം അതിനിടയിലുള്ള ഫോൺ ഒരു കുറേ എസ് അയക്കൽ ഇങ്ങനെ ഈ വൃത്തികളെയെല്ലാം വർദ്ധിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരിടപാട് നടക്കുന്ന ഇടം മനസ്സിലായില്ല ശരിയല്ല ഞാൻ പറഞ്ഞതു സ്വല്പം അഹങ്കാരമായി പോയി ഞാൻ ഗുരുദേവന്റെ അദ്വൈത ദീപിക ക്ലാസ്സിൽ പോയപ്പോഴാണ് അവളെ കണ്ടുമുട്ടിയത് ആ ക്ലാസ്സിന് പോയപ്പോഴാണ് ഞങ്ങൾ സുഹൃത്തുക്കളായത് എന്റെ കുട്ടിയെക്കുറിച്ച് ഞാൻ അപ്പോഴാണ് അവരോട് പറഞ്ഞത് അപ്പോഴാണ് അവൾക്ക് ഒരാൺകുട്ടി എന്റെ കുട്ടിയുടെ പ്രായത്തിനടുത്തുണ്ടെന്നറിഞ്ഞത് അതുകൊണ്ടാണ് ഇത്രയും വലിയ കല്യാണം നടന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അമേരിക്കയിലെത്തിയത് അദ്വൈതീപികയും ഗുരുദേവനും അത് പഠിപ്പിച്ച സ്വാമിയും മഹാൻ തന്നെ കടന്ന കയ്യായോ ഏ ഇത് സംസ്കാരമല്ല തജ്ജ സംസ്കാരം തദ്ജന്യ സംസ്കാരം അന്യസംസ്കാരങ്ങളെ മുഴുവൻ പ്രതിബന്ധിക്കണം അതായി കൃതിയുടെ ലക്ഷ്യം ആത്മശാന്തിക്ക് അത് മാത്രമാ വഴി അതുകൊണ്ട് അദ്വൈതാത്മദർശനത്തെ ഭേദബുദ്ധിയില്ലാതെ ഭേദദർശനമില്ലാതെ അഭേദമായി അവതരിപ്പിക്കുന്ന അദ്വൈത ദീപിക ആത്മജന്യമായ വൃത്തിയെ മോക്ഷത്തിന് മുഖ്യസാധനമായി ഇതിൽ സമർത്ഥിക്കുന്നു ഇതിൽ അർത്ഥവാദ സമർത്ഥനവും പരിണാമാദിമതങ്ങളുടെ നിരാകരണവും സുശക്തൃതമാണ് ക്ഷണവൃത്തിജ്ഞാനം തുടങ്ങിയ ബുദ്ധചിന്തയെയൊക്കെ നിരാകരിച്ചാണ് അദ്വൈത ദീപിക ഇത് സ്ഥാപിക്കുന്നത് ദ്വൈത പ്രപഞ്ചത്തിൻ്റെ വിദ്ധ്യാത്വത്തെയാണ് ഇത് നിതരം വെളിപ്പെടുത്തുന്നത് ദ്വൈത പ്രപഞ്ചത്തെ പൂർണമായി നിരാകരിക്കുവാൻ സമർഥമായ യുക്തികളാണ് ഇതിൽ കൊണ്ടുവരുന്നത് ഏതാണ്ട് പകുതി ശ്ലോകം കഴിയുമ്പോൾ ജീവൻ മുക്തിയെ ഇത് ഭംഗിയായി വിവരിക്കുന്നു ഈ കൃതി ജീവൻ മുക്തിയെ ഭംഗ്യം തരേണ വിവരിച്ചു തരുന്നുണ്ട് ശ്ലോകം തീരുകയല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ രണ്ടാം ഭാവവും കൂടെ അതിൻ്റെ ആശയം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പോകുന്നു വേദമനുശാസിക്കുന്നത് തന്നെ വിശുദ്ധിയേയാണ് रु भाग संहि रु उपनिषद संहिता कर्मकांडम अवुद निष्कामाय कर्म विवर അത് അവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് അദ്വൈത ദീപിക പഠിക്കുന്നതിന് മുമ്പ് അത് അറിഞ്ഞിരിക്കേണ്ടതാണ് ആ അത് നമുക്ക് അദ്വൈത ദീപികയുടെ ശ്ലോകത്തിനിടയിൽ പഠിക്കാം അല്ലെങ്കിൽ ഞാൻ അദ്വൈത ദീപിക എടുത്തില്ല എന്ന് നിങ്ങൾ പറയാനിടയാവും അത് പഠിപ്പിച്ചിട്ടാണ് നിങ്ങളെ ശ്ലോകം തുടങ്ങേണ്ടത് എങ്കിലും ഞാൻ അത് നീട്ടിവെക്കുന്നു സംഹിത കർമ്മകാണ്ഡമാണ് കർമ്മകാന്ഡം അന്ധക്കരണ ശുദ്ധിക്കുള്ളതാണ് അന്ധക്കരണം ശുദ്ധമാകാതെ ലഭ്യമല്ല ആത്മതത്വം എന്നാൽ പാശ്ചാത്യർ വേദങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരൊരു സത്യം പറഞ്ഞു അവരുടേതായി നമുക്കത് കൂടുതൽ പഥ്യമായി കർമ്മകാണ്ഡത്തിന്റെ നിഷേധമാണ് ഉപനിഷ് സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസം രൂപാന്തരപ്പെട്ടത് മുതൽ ആധ്യാത്മിക രംഗത്തുള്ള ഒട്ടുവളരെ ആചാര്യവാര്യന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സങ്കേതത്തിൽ നിന്നുകൊണ്ടാണ് ഉപനിഷത്തുക്കളെയും പിന്നീട് വന്നുള്ള ഗ്രന്ഥങ്ങളെയും വ്യാഖ്യാനിച്ചിട്ടുള്ളത് അത് പാശ്ചാത്യ ദാർശനിക മാതൃകയാണ് ഭാരതീയമല്ല അതിന് സാമ്പ്രദായികത്വവും ഇല്ല പ്രത്യേക ഓർക്കണം അത് നമുക്ക് പുറകെ കാണാം എങ്ങനെയെന്ന് സമയം കിട്ടിയാൽ ഞാൻ ബോധ്യപ്പെടുത്തി തരാം അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ പറയുന്നില്ല കാരണം അദ്വൈത ദീപിക തുടങ്ങിക്കഴിഞ്ഞാവാ അതിന്റെ രണ്ടാമത്തെ ഭാഗം അഭിന്ന നിമിത്തോപാധിയായി ഉപനിഷത്ത് സൃഷ്ടിയെ വർണ്ണിച്ചിട്ടുണ്ട് ശാങ്കരമതവും അതുതന്നെയാണ് ഊർണനാഭി എങ്ങനെയാണോ സൃഷ്ടി അതുപോലെയാണ് ജഗത്സൃഷ്ടി ജഗത്സൃഷ്ടിക്ക് അനേകം ദൃഷ്ടാന്തങ്ങളും അനേകം പഠനങ്ങളും പൂർവപക്ഷമായും സിദ്ധാന്തപക്ഷമായും ഉപനിഷത്തുകളിലുണ്ടത് അഭിന്ന നിമിത്ത ഉപാധി എന്ന നിലയിലാണ് സൃഷ്ടിയെ ശാങ്കരമതം അംഗീകരിക്കുന്നത് അതിനുള്ള ഉദാഹരണമാണ് ഊർണനാഭി സങ്കേത ശബ്ദം മനസ്സിലായില്ലെങ്കിൽ ആവശ്യം സാധ്യത സാമഗ്രി സാമർഥ്യം ഇവയെല്ലാം ഊർണനാഭിയിൽ തന്നെ ഇരിക്കുന്നതാണ് ഊർണനാഭി എട്ടുകാലി ഞാപദമാണ് നമുക്ക് മനസ്സിലാകാത്തതെങ്കിൽ എട്ടുകാലി വല കെട്ടുന്നത് പോലെ എട്ടുകാലിയിൽ നിന്നുണ്ടാകുന്ന വല എട്ടാലിക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന വല എട്ടുകാലിയിലാവിർഭവിച്ച് എട്ടുകാലി മനോഹരമായി കെട്ടി എട്ടുകാലി അതിലിരുന്ന് ജീവിച്ച് എട്ടുകാലി തന്നെ വലിച്ചെടുക്കുന്നത് പോലെ അഭിന്ന നിമിത്ത ഉപാധിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭവാദം പരിണാമവാദം തുടങ്ങിയ വാദങ്ങളെയെല്ലാം പ്രതിവാദി ഭയങ്കരനായ ശങ്കരൻ തച്ചു തകർത്തിട്ടുമുണ്ട് തൻ്റെ സിദ്ധാന്തങ്ങളിലൂടെ ഈശ്വരൻ പ്രപഞ്ചം ജീവൻ താത്വികമായ കാര്യകാരണവാദത്തെ എതിർത്ത് അധ്യാസവാദം ഇതത്രയും അധ്യാസമാണ് ഭ്രമമാണ് മായയാണ് ഇതിൻ്റെ കാരണമെന്ന് സമർത്ഥിച്ചിട്ടുണ്ട് അത് അതീവ മനോഹരമായ മലയാള ഭാഷയിൽ ഗുരുദേവൻ ഈ കൃതി ശങ്കരമതത്തെ ഇത്ര ലളിതകോമളമായ പദാവലികൾ കൊണ്ട് മനോഹരമായ കൈരളിക്ക് സമർത്ഥിച്ചു സമർപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വസ്തുക്കളുടെ ആവിർഭാവ ദോഭാവങ്ങൾക്ക് കാരണം വസ്തുക്കൾ ആവിർഭവിക്കുന്നതും വസ്തുക്കൾ തിരോഭവിക്കുന്നതും മായയാണെന്ന സത്യം ശങ്കരന് ശേഷം അനേകം ആചാര്യന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് ആചാര്യന്മാരുടെ കൂട്ടത്തിൽ പ്രാതസ്മരണീയനായ ആചാര്യനാണ് ദീപികാകർത്താവായ ഗുരുദേവൻ ഈ കൃതിയെ നമ്മൾ ഈ രീതിയിലാണ് ും എങ്ങനെയാണ് കൃതിയെ സമീപിക്കുന്നതെന്നൊക്കെ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു തരണം മര്യാദയായതുകൊണ്ടാണ് അതിനൊരുക്കിയത് വേദാന്ത ദർശനത്തിന്റെ ലക്ഷ്യം മോക്ഷമാണ് വേറൊന്നുമല്ല നിങ്ങളിന്ന് ഒത്തുകൂടുന്നതും നിങ്ങളിന്ന് ആധ്യാത്മികതയിലേക്ക് പോകുന്നതും ഒന്നും മോക്ഷത്തിനാഗ്രഹിച്ചിട്ടല്ല അതുകൊണ്ട് മോക്ഷം തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നവർ പോലും ഞങ്ങൾ തന്നെ നിങ്ങളെ വിളിച്ചു കൂട്ടിയാൽ ബിരിയാണി തരാമെന്നോ ഇത് കഴിയുമ്പോൾ കുറച്ച് പാർട്ടൻ ടിക്കറ്റ് തരാമെന്നോ ഒക്കെ പറഞ്ഞാൽ നിങ്ങളിലപ്പോൾ വന്നേക്കും അല്ലാതെ ഇതിൽ വർണ്ണിതമായിരിക്കുന്ന മോക്ഷം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകാൻ ഇടയില്ല അതിന് താൽപ്പര്യമില്ലെങ്കിൽ ദയവ് ചെയ്ത് ക്ലാസ്സിലിരിക്കരുത് അത് നിങ്ങളോടുള്ളൊരു അപേക്ഷയാണ് ആജ്ഞയല്ല അനുശാസനവുമല്ല കാരണം നിങ്ങളുടെ മാനസിക തരംഗങ്ങൾ ഈ ക്ലാസ്സിൽ വെള്ളം ചേർക്കാനും അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് മോക്ഷമാണ് വേദാന്ത ദർശനത്തിന്റെ ലക്ഷ്യം അത് ഒന്നാമത്തത് അതാണെങ്കിൽ രണ്ട് ജീവ ബ്രഹ്മ ആത്മൈക്യ അനുഭൂതി മോക്ഷത്തിന് മുമ്പുള്ളതാണ് വേറിട്ട് ജീവനായി തുടിച്ചു നിന്ന അജ്ഞമായ ജീവാത്മാവ് ബ്രഹ്മം തന്നെയാണെന്ന് ഒരനുഭൂതി മുമ്പും ബ്രഹ്മമാണ് അറിഞ്ഞില്ല എന്നേയുള്ളൂ താൻ അതാണെന്ന് അറിയുമ്പോൾ വരുന്ന അനുഭൂതി അതിന് അകത്ത് വർണ്ണിതമാണ് മൂന്ന് സാധനയായ വൃത്തിജ്ഞാനം നാല് ജീവൻ മുക്തി ഇത് നാലും ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം വേദാന്തത്തിന്റെ പരമലക്ഷ്യമായ മോക്ഷം നമ്പർ വൺ നമ്പർ ടു ജീവ ബ്രഹ്മ ആത്മ ഐക്യം മോക്ഷം തന്നെ പക്ഷേ നേരിട്ട് വേറെയാണെന്ന് തോന്നിയിരുന്നത് കൊണ്ടാണ് മോക്ഷത്തിന് ആഗ്രഹിച്ചതും ആ അനുഭൂതിയിലേക്ക് വന്നതും മൂന്ന് അതിനുള്ള സാധനയായ വൃത്തിജ്ഞാനം നാല് അതിൻ്റെ ഫലം ജീവൻ മുക്തി ഗ്രന്ഥത്തിൽ വർണ്ണിതമാണ് ഗുരുദേവൻ ആദ്യത്തെ മൂന്ന് പദ്യങ്ങൾ കൊണ്ട് നിലവിലുള്ള ഒട്ടുവളരെ സിദ്ധാന്തങ്ങളെ ലൗകികങ്ങളും പാരത്രികങ്ങളുമെന്ന് വിശേഷിപ്പിക്കാവുന്ന ശൂന്യവാദം ഉൾപ്പെടെയുള്ള സിദ്ധാന്തങ്ങളെ ഇതിൻ്റെ പൂർവപക്ഷമായി വർണ്ണിച്ച് നിരാകരിക്കുന്നു മാത്രവുമല്ല പ്രപഞ്ചത്തിൻ്റെ ബാഹ്യാർത്ഥവാദം ഉറപ്പിക്കുന്നു